അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് അവങ്കലേക്കാണ് മടങ്ങുന്നത് പൊതികളിൽ നിന്ന് ഒരു ഫലവും പുറത്തുവരുന്നില്ല ഒരു പെണ്ണും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യുന്നില്ല അവൻറെ അറിവില്ലാതെ അവൻ അവരെ വിളിക്കുന്ന ദിവസം എന്റെ പങ്കാളികളെവിടെ എന്ന് ചോദിക്കും അവർ പറയും ഞങ്ങൾ നിനക്ക് സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങളിൽ സാക്ഷികളായി ആരുമില്ല